Om Namo Bhagavate Vasudevaya Namo Sri Sri Sri Murari Namo Sri दे न उपसौी दिभो वचन प्रतिभा दिभोवाच യഥാസ്വമ്യഭ്യയി സേകോങ്ക ഖദ്യോതമാത്ര പരിശിഷ്ടഹേത് സോമ്യ ഷോഡിഷ്ട तयात वेदनुभवसी आश आशा कथमे ज्ञासीसि आशा अदन मुपसद यकंज पप्रछ सन्व प्रतिपेद ം ഉച യാരോതമാത്രം പരിശിഷ്ടം തൃണരുപധായ പ്രജ്വലേ തോഹുദേം സോമ്യത്തെ ഷോഡാ കലാ എ അതിശിഷ്ടൂ സേനുപമാ പ്രജ്വാലി തയ്യേതേദനഭവസമേം ഹി സോമ്യമനോമയപ്രാണ തേജോമയ പഞ്ചദഹാനം പിതാവ് പറഞ്ഞതിനനുസരിച്ച പുത്രൻ പതിനഞ്ച് ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്തിനാണോ മനസ്സോ അന്നമയത്തും പ്രതീക്ഷിതർക്കും മനസ്സന്നമയമാണ് അസ്വാനുഭവത്തിലൂടെ അത് ബോധ്യപ്പെടുന്നു അതിനുവേണ്ടി പഞ്ചദശഹാനി പതിനഞ്ച് ദിവസം ആശാ ഹസനം ന കൃതവാൻ അധഷോടേഹനി പതിനാറാം ദിവസം നമക പിതരവസാൽ പിതാവനെ സംവിയതിയെന്നു ഭഗവതൻ ഭഗമി ജോവാദ ചിmbrവി മി ഭോയിദി അങ്ങനെ എന്താണ് എന്നോ ഉദ്ദേശിക്കാനുള്ളത് പിതാവനോട് ചോദിച്ചു ഇദരാഹ അർഷസൗമേ ജോംശി സമാന്യ അതിഷ്യേദി മേമുഖrah പിതരഹ നമൈമാ നാം അർഗാദീനി പ്രതിഭാന്തി പിതാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ പഠിച്ചുള്ള എരു മന്ത്രങ്ങളെല്ലാം ചൊല്ലുക സാമ മന്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ ഈ മന്ത്രങ്ങളെല്ലാം നീ ചൊല്ലുക സ്വാധ്യായം പറഞ്ഞു നബൈ മാ മാം പ്രതിഭാന്തി ഉത്തരം പറയുന്നു എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ല പതിനഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു മനസ്സിലളർന്നുപോയി അതുകൊണ്ട് എന്താണ് നവേ പ്രതിഭാന്തി ഭൂ ഒന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല മനസ്സിലേക്ക് ഒന്നും കടന്നു വരുന്നില്ല മനസ്സിൽ ഹേ ഭൂ ഭഗവൻ നി മനസ്സിലൊന്നും കാണുന്നില്ല മനസ്സ് ശൂന്യമായതുപോലെ മനസ്സന്നമയമാണോ എന്ന് അങ്ങനെ ബോധ്യപ്പെടുകയാണ് അന്നം ഉണ്ടെങ്കിലേ മനസ്സിന് ശക്തിയുള്ളൂ അന്നമില്ലെങ്കിൽ മനസ്സിന് ശക്തിയില്ല മുക്തമന്ധം പിതാ ഹുന്നു തത്ര കാരണം എന്നാൽ പിതാവ് പറഞ്ഞു മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അന്നമയമാണ് മനസ്സെന്ന് പറയുന്നത് അതിന് ഒരു ഉദാഹരണം പറയുന്നത് ലോകേഹി സൗമ്യ മഹത്വം മഹത്പരിമാണസ് അഭ്യാഹിത ഉപചിത്ത ഇന്ധന അഗ്നി രേഖ അങ്കാരോദമാത്രോതപരിമാണി പരിശിഷ്ടെ ജ്വലിപ്പിച്ചു വളരെ വലുതായി അഗ്നി ജ്വലിച്ചു അത് കഴിഞ്ഞ് തീ അണഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഇന്ധനവണ്ണം കത്തിത്തേർന്നു വിറകും മറ്റും കത്തി ഒരു ഇന്ധനം ഉണഞ്ഞു ചാരമായി അതിലവശേഷിച്ചെന്താണ് ഏകു അങ്കാരനലിന്റെ തരി പറയുന്നു ഖദ്യോത മാത്ര ഒരു മിനാമിനു പോലെ അതുപോലെ ഒരു അല്പം ഒരു കനലിന്റെ തരി അവശേഷിച്ചു അവശിഷ്ട ബാക്കിയെല്ലാം അവിടെ അതിനെന്താ ചെയ്യാൻ കഴിയുന്നത് ആ കനൽ തരിക്ക് ഇനി ഒന്നിനെ ദഹിപ്പിക്കാൻ സാധ്യമല്ല കാരണം അത് നശിക്കാൻ പോവുകയാണ് ആ ഒരു അംശമേ അവശേഷിച്ചോളൂ അല്പസമയം കഴിഞ്ഞാൽ അത് നശിക്കും അവിടെ ദഹിപ്പിക്കാനൊന്നുമില്ല ദഹിപ്പിക്കാനൊട്ട് കഴിയുന്നുമില്ല തേനാങ്കാരേണ തതോവി തത്പരിണാമ ഈഷദിന ബോധേ അത് പിന്നെ അതിനേക്കാൾ അല്പം കൂടി തീയേ ജ്വലിപ്പിക്കാനും കഴിയില്ല കാരണം അത് അണഞ്ഞുകൊണ്ടിരിക്കാൻ ദഹിപ്പിക്കാനൊന്നും കൂടെ ശേഷിക്കുന്നില്ല അതുകൊണ്ട് അത്രമാത്രം അത് നശിച്ചു പോയി അഗ്നിതാന ഷോഡയോ അതിശിഷ്ട അവശിഷ്ട സ്യാ അത പോലെയാണ് നിന്റെ മനസ്സിന് സംഭവിച്ചിരിക്കുന്നത് ഈ പതിനാറ് കലകളും മനസ്സ് പൂർണമായ ശക്തിയുള്ള മനസ്സ് അന്നമില്ലാതെ ഓരോന്നോരോന്നായി ക്ഷി ക്ഷയിച്ച് ജ്വലിച്ച് അഗ്നി അണഞ്ഞതുപോലെ കേവലമൊരു തീപ്പൊരി മാത്രമായ അതുപോലെ ഒരു ഫല ശേഷിച്ചു ഇനി അന്നമില്ല മനസ്സിനെ പോഷിപ്പിക്കുക ഇങ്ങനെയാണോ അഗ്നിക്ക് ഇന്ധനം ആവശ്യമായി അതുപോലെ മനസ്സിന് മനസ്സിന് ജ്വലിക്കുന്നതിനുള്ള ഇന്ധനമാണ് അന്നം അന്നമില്ലാത്തതുകൊണ്ട് ആ സൂക്ഷ്മമായ ഒരംശം അതിന് ഇനി പ്രവർത്തിക്കാൻ സാധ്യമല്ല ഇനി അന്നം കിട്ടിയില്ലെങ്കിൽ പൂർണമായും നശിക്കും മനസ് ആ ഒരു കലയെ നിലനിർത്തുന്നതിനുള്ള അന്നം ലഭിച്ചില്ലെങ്കിൽ അത് വീണ്ടും മുടരും അല്ലെങ്കിൽ അത് നശിക്കും അതുപോലെ ഇന്ധനമെല്ലാം ദഹിച്ചു തീർന്നുകഴിഞ്ഞ് ആ തീ ഇനി ഒരു ഇന്ധനത്തെ ലഭിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും അതാണ് നിന്റെ മനസ്സിൽ സംഭവിച്ചു മേ മമ വാചം അഥവാ അശേഷം പറയും ഇനി നിന്നെ വിശേഷിച്ചിരിക്കുന്ന കേവലം ഒരു അംശമാണ് ആ ഒരു അംശം കൊണ്ട് ഇനി ഒന്നും അന്നമില്ലാതെ സാധ്യമല്ല ഞാൻ പറഞ്ഞതും ഞാൻ പഠിപ്പിച്ചതും നീ പഠിച്ചിട്ടുള്ളതും ഒന്നും തന്നെ നിനക്ക് ഓർക്കാൻ കഴിയത്തില്ല നനുഭവ സി നീ ഒന്നും സ്മരിക്കുന്നില്ല കാരണം നിന്റെ മനസ്സ് അത്രമാത്രം ക്ഷയിച്ചിരിക്കുകയാണ് ശേഷിക്കുന്ന ഒരംശം എന്ന പ്രതിപദ് സി അതിനൊന്നും സ്മരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ശുശ്രൂഷ ഉപസസാ ഹോഗതം ദൃഗാദിഷു കൊപ്രഛ ഭക്ഷണം കഴിച്ചു അതിനുശേഷം പിതാവിൻ്റെ സമീപത്തെത്തി പിതാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചു ആ പുത്രനോട് വീണ്ടും പിതാവ് ചോദിച്ചു ഗ്രന്ഥരൂപം അർത്ഥജാതം ഒന്നുകിൽ വേദം ചൊല്ലാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ വേദാർത്ഥത്തെ പറയാനാവശ്യപ്പെട്ടു സസ്യതമൂഹ തത്പ്രതിഭേദാഗ്യർത്ഥതോ ഗ്രന്ഥ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും നഷ്ടപ്പെട്ട കലകളെല്ലാം വീണ്ടും കിട്ടി അതുകൊണ്ട് പിതാവെന്താണ് ചോദിച്ചത് അതെല്ലാം പഠിച്ചതുപോലെ മന്ത്രങ്ങൾ ചൊല്ലി അർത്ഥവും വിശദീകരിച്ചു അതുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നത് അന്നം കൊണ്ടാണ് മനസ്സ് അന്നമയമാണ് അന്നത്തിന് മനസ്സിൽ മുഖ്യമായ സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നു പിതാവൂത്തിനോട് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ അന്നത്തിൻ്റെ ശക്തി അന്നം മനസ്സിനെങ്ങനെയാണ് വളർത്തുന്നത് അതുകൊണ്ട് ഇതും അഗ്നിയെ പോലെ തന്നെ എങ്ങനെയാണ് ഏകമഹങ്കാരം സന്ത അഗ്നി മാത്രം പരിശിഷ്ടം ഒരുങ്ങിൻ്റെ അത്രയും ഒരു ഒരംശം അങ്കാരം സന്തോത മാത്രം പരിശിഷ്ടം അത്രയും മിന്നുന്നത് ഒരംശം ശേഷിച്ചു അഗ്നിയുടെ അഗ്നി ജോലിച്ചു അവസാനം അത് അണഞ്ഞു കെട്ടുപോയി അതിന്റെ കനനുകളെല്ലാം നശിച്ചു ഒരൽപം ശേഷിച്ചാലും മതി ആ ഒരൽപത്തെ ടുത്ത് ഉണക്കപ്പുല്ലും കരിയിലും വെറുകും അതിനൂതി പിരിക്ക് വലുതാക്കിയാണ് ചെറിയ മുൻപത് എത്ര വലിയ അഗ്നിയായിരുന്നോ അതിന് അതിനും വലിയ അഗ്നിയാണോ അപ്പൊ രണ്ടിടത്തുനിന്ന് സമാനം തന്നെ മനസ്സിന്റെ ഒരു കണശേഷിച്ചു അഗ്നിയുടെ ഒരു കണം പോലെ അഗ്നിയുടെ ഒരു കണത്തിന് അതിനെ വളർത്താൻ പിന്നീട് ഇന്ധനം ഒന്നും ലഭിച്ചില്ലെങ്കിൽ നശിച്ചു അതുപോലെ മനസ്സിന്റെ ആ പതിനാറാമത്തെ കല അവശേഷിച്ച അതിനെ വർദ്ധിപ്പിക്കാൻ അന്നം ലഭിക്കാതെ വന്നാൽ ൂർണമായും ഓർമ്മ നശിച്ച് ജീവൻ തന്നെ മറിച്ച് ആ ഒരു അംശത്തെ മനസ്സിന്റെ ഒരംശത്തെ അന്നം കൊണ്ട് പോഷിപ്പിച്ചാൽ വീണ്ടും അത് വളർന്നു വിടുന്നു വേദവും വേദാർത്ഥവും എല്ലാം വീണ്ടും മനസ്സിൽ സ്വീകരിക്കുന്നു അതാണ് അന്നത്തിന്റെ ശക്തി മനസ്സ് അന്നമയം വീണ്ടും കൂടുതൽ മുമ്പ് പഠിച്ചതിനും കൂടുതൽ പഠിക്കാൻ കഴിയും ും കൂടുതൽ ഓർക്കാൻ കഴിയുന്നു അങ്ങനെയുള്ള ശക്തി വിശേഷമെല്ലാം മനസ്സിന് കൈവരുന്നു അനസ് അന്നമയമാണ് ഷോഡശാനാം അന്നകലാനാം സാമർഥ്യൂപാണോ ഏകാ കല അധിശിഷ്ട അഭൂത് അധിശിഷ്ട ആസീത് പഞ്ചദശാഹിനി അഭുക്ത ഏകൈകേന അഹ് ചന്ദ്രമസേവ അപരപക്ഷേ ക്ഷീണ ഉപസമാഹിത ഉപജിത പ്രജ്വാലിരിക്കും പ്രജ്വലിത വർദ്ധിത അതിനെ കുറിച്ച് പറയുന്നു അല്ലയോ പുത്ര എങ്ങനെയാണോ ഈ പതിനാറ് കലകളുള്ള ആ മനസ്സ് അതിൽ ഒരു കല ശേഷിച്ചത് പതിനഞ്ച് ദിവസം പട്ടണ കിടന്നും ശേഷിച്ച ഒരു കലയാണ് ഏകേകെ ഞാൻ എന്താ സംഭവിച്ചത് എങ്ങനെയാണോ ചന്ദ്രൻ ക്ഷയിക്കുന്നത് അതുപോലെ ഒരു പക്ഷത്തിൽ അത് പതിനഞ്ച് ദിവസം അതിനുമുണ്ട് അതുകൊണ്ടാണ് പക്ഷത്തെ കാണിക്കുന്നത് ഓരോ ദിവസവും പൂർണ്ണ ചന്ദ്രൻ ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചത് ഭർത്തവാവിലേക്ക് പോകുന്നു മാവാസിയിലേക്കത് പോകുന്നു പൂർണമായ ചന്ദ്രനാണ് ക്ഷയിക്കുന്നത് അതാണ് കല ചന്ദ്രമ ശൈവ ചന്ദ്രന്റെ കലകൾ ക്ഷയിക്കുന്നതുപോലെ അതാണ് ഇതിനും പതിനാറെന്ന് ഒരു കണക്ക് പറഞ്ഞു ചന്ദ്രൻ ക്ഷയിച്ച് അമാവാസിക്ക് പൂർണമായും ഇല്ലാതാകും ആ ക്ഷയത്തിന് തുല്യമായൊരു ക്ഷയം അതുപോലെ കൃത്യമായും പതിനാറ് ദിവസം കൊണ്ട് അതുപോലെ ചന്ദ്രമ ശൈവ അതിനേ ദിവസങ്ങൾ പറഞ്ഞു ക്ഷീണ ഓരോ ദിവസം അതിശിഷ്ട കല വളരെ സൂക്ഷ്മമായൊരു കല ശേഷിക്കുന്നു അന്നേന ഭുക്തേനോ ഉപസമാഹിത വർദ്ധിത ഉപജ്യത പ്രജ്വാലി ആ കല ഭുക്തമായ അന്നം കൊണ്ട് അത് വർദ്ധിച്ചു വളർന്നു പ്രജ്വാലി പ്രജ്വാലി വളർന്നു ദീർഘത്തിൻ്റെ ആവശ്യം ഭേദത്തിലായതുകൊണ്ട് ദീർഘം വന്നോ പ്രാജ്വാലിത് പാഠാന്തരം ശ്രുതിയിലും പാഠഭേദങ്ങളുണ്ട് പ്രാജ്വാലിത് അങ്ങനെയുണ്ട് പാഠം തഥാ തേനോപസമാഹിത സ്വയം പ്രജ്വലിതപതി ഒടുവിൽ ആ അവസാനത്തെ അന്നം ലഭിച്ചപ്പോ അത് സ്വയം വളർന്നു പൂർണ്ണ മനസ്സായി വീണ്ടും അമാവാസിക്ക് ശേഷം ഓരോ കലകളായി പൂർണമായി വീണ്ടും പൂർണ്ണചന്ദ്രനാകുന്നത് പോലെ ആ മനസ്സ് ഇപ്പോ വേദത്തെയും വേദാർത്ഥത്തെയും എല്ലാം സ്മരിക്കുന്നു മനസ്സിന്റെ പൂർണ്ണതയിൽ വ്യാപൃത്തി അനുവത്തി അന്നമയത്വം മനസ്സാസിദ്ധം ഇങ്ങനെ വ്യാപൃത്തി അനുവത്തിയിലൂടെ വ്യാപൃത്തി എന്താണ് അന്നം വ്യാവർത്തിക്കുമ്പോൾ മനസ്സ് വ്യാവർത്തിക്കുന്നു എന്നുവെച്ചാൽ അന്നം ഇല്ലാതാകുമ്പോൾ മനസ്സില്ലാതാകുന്നു അനുവൃത്തി എന്താണ് അന്നം അനുവർത്തിക്കുമ്പോൾ മനസ്സ് അനുവൃത്തമാകുന്നു എന്നുവെച്ചാൽ അന്നം ലഭിക്കുമ്പോൾ മനസ്സ് വളരുന്നു എന്നിങ്ങനെ അന്നമയത്വം മനസ്സ് സിദ്ധംസി അന്നമയം ഹി സൗമ്യം അങ്ങനെ അന്നമയമാണ് മനസ്സെന്ന് ഉപസംഹരിക്കയാണ് യഥാ ഏത മനസ്സോ അന്നമയത്വം എന്തവസിദ്ധം തഥാ അപ്പോമയപ്രാണത്തേജോ ഇത് ഏത് വിസിദ്ധം ഏവേത്യഭിപ്രായ മനസ്സിലായല്ലോ മനസ്സന്നമയമാണ് അത് സ്വാനുഭവത്തിലൂടെ മനസ്സിലായി മനസ്സിലായെങ്കിൽ ഇതുപോലെ മനസ്സിലാക്കണം അപ്പോമയപ്രാണ പ്രാണൻ ജലമയനാണ് അന്നം ഇല്ലാതിരുന്നാലും ലഭിക്കാതിരുന്നാലും പ്രാണം നിലനിൽക്കും പക്ഷേ ജലം ലഭിക്കാതിരുന്ന പ്രാണം നശിപ്പോകും ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് തേജവും വാക്ക് വാക്ക് എന്ന് പറയുന്നത് വാഗിന്ദ്രിയം മാത്രമാണ് പൊതുവെ ഇന്ദ്രിയ ശക്തി അത് തൈജസമായ പദാർത്ഥങ്ങളെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത് നെയ്യ് എണ്ണ പിതാവിൽ നിന്നും മനസ്സ് അന്നമയമാണ് പ്രാണൻ ജലമയനാണ് വാക്കത്തെ ജോമയനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നർത്ഥം ഇവിടെ സത് പ്രകരണമാണ് സത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സദൈവ സൗമ്യ പക്ഷെ അവിടെ സത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നു പ്രപഞ്ചെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ത്രിവിത്കരണം പറയേണ്ടി എന്തുകൊണ്ട് തത് അനന്യത്വം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ മെളിപ്പെടുത്തുന്നു സത്തിൽ നിന്ന് സിഷ്ടമായ ഈ പ്രപഞ്ചം സത്ത് തന്നെ അതിനോട് അനന്യമാണ് അതിനുവേണ്ടിയിട്ടാണ് തിരുവോത്കരണം പറഞ്ഞത് അപ്പോൾ ഈ കാണുന്ന നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ ജഗത്ത് ത്രിവിത്കരണത്തിന്റെ ഫലമാണ് അതുകൊണ്ട് ഇത് മൂല രൂപങ്ങളോട് ത്രിനിരൂപാണി ഈ തേവ സത്യം എന്ന് പറഞ്ഞാൽ ആ മൂന്ന് രൂപങ്ങളോട് ഇത് അഭിന്നമാണ് അതിൽ നിന്ന് വേറെയല്ല അത് സത്യനോട് അഭിന്നമാണ് ഇങ്ങനെ ആ സത്തിൻ്റെ ഏകത്വത്തിൽ കാര്യങ്ങളുടെ അനന്യത അത് ബോധിപ്പിക്കുന്നതിനാണ് അതിനിടയ്ക്ക് ഈ പ്രകടനം ചർച്ച ചെയ്തത് അതിവിടെ അവസാനിച്ചു സത്പ്രകടനം അവസാനിച്ചില്ല അത് വീണ്ടും തുടങ്ങും ഇടയ്ക്ക് വന്ന തൊഴിൽത്തരണം പ്രകടനം അവസാനിച്ചു വീണ്ടും സത്തിലേക്ക് നൽകും പുത്രം സ്വപ്നമേ സോമ്യജീഹീതി എത്ര എദത് പുരുഷസ്വപിതിപ്പന്നോ സപീദോ തസ്തേനം സ്വപ്ദീതേ സം അപീദോ ജലാധിഷ്ദേ ജീവേനാത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണിന്ന് മുമ്പ് പറഞ്ഞു അതിനവിടെ സൂചിപ്പിക്കുകയാണ് യസ് മനസ്സി ജീവേനാത്മന അനുപ്രവിഷ്ഠ ഈ മനസ്സിൽ ജീവാത്മരൂപത്തിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു ജീവൻ മനസ്സിലൂടെ മനസ്സാണ് ജീവനെ വെളിപ്പെടുത്തുന്നത് ജീവന്റെ കണ്ണാടിയാണ് മനസ് കണ്ണാടിയിൽ താൻ തൻ്റെ മുഖം കാണുന്നതുപോലെ ജീവൻ തന്നെ അറിയുന്നു മനസ്സിലൂടെ ജീവസാന്നിധ്യം മനസ്സിലറിയുന്നു എന്താണ് ജീവിത സാന്നിധ്യം മനസ്സ് ചൈതന്യമ അതുകൊണ്ട് മനസ്സിലാകുന്ന എന്താണ് ചൈതന്യമായ ജീവൻ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നു മറിച്ചും പറയാം എന്താണ് ജീവന്റെ ഉപാധിയാണ് മനസ്സ് അത് പറയുന്നു ആദർശേ ഇവ കണ്ണാടിയിലെന്നതുപോലെ മനസ്സിൽ പുരുഷപ്രതിബിംബം വരുന്നു പുരുഷ പ്രതിബിംബേന എന്നത് പറഞ്ഞല്ലോ പ്രതിബിംബിക്കുന്ന പുരുഷൻ പ്രതിബിംബിക്കാത്ത പുരുഷൻ ആ പ്രതിബിംബിക്കുന്ന പുരുഷന്റെ പ്രതിബിംബം എങ്ങനെയാണോ കണ്ണാടിയിൽ പതിയുന്നതുപോലെ ആ ജീവൻ മനസ്സിൽ പ്രതിബിംബിച്ചിരിക്കുന്നു ജലാധിഷുപൂര്യാദ പ്രിയുംബൈ ജലാധികളിൽ സൂര്യാദികളെ പോലെ മനസ്സിൽ ജീവൻ പ്രകാശിക്കുന്നു മനസ്സിൽ ജീവൻ ചൈതന്യമേനായി പ്രകാശിക്കുന്നു ചൈതന്യച്ച ബോധമാർ ബോധമേനായി പ്രകാശമേനായി എന്ന് പറയും ജ്ഞാനമേനായി പ്രകാശിക്കുന്നു തന്മനോ അന്നമയം തേജോ അമയാഭ്യാം അപ്മയാഭ്യാം വാക് പ്രാണാഭ്യാം സംഗതം അധികം അവഗതം തന്മനോ അന്നമയം അതുപോലെ സന്നമയമാണ് തേജോമയമാണ് ജലമയമാണ് വാക്കും പ്രാണനും തേജോമയമാണ് വാക്കും ജലമയമാണ് അതിലൂടെ കൂടിച്ചേർന്നാണ് മനസ്സൊറ്റയ്ക്കല്ല മനസ്സെപ്പോഴും പ്രാണനോട് ഇന്ദ്രിയങ്ങളോട് കൂടിയാണ് ഇരിക്കുന്നത് അതാണ് തേജോ അപ്മഭ്യാം വാക്പ്രാണാഭ്യാം സങ്കതം അധികം യന്മയോ യ സജീവോ മനനദശന ശ്രോണാതി വ്യവഹാരായ കല്പതെ തത്പരമേജസും ദേവത മേവ പ്രതിപയെതിന്മയൻ ജീവൻ മനോമയന യീവൻ സത്സ്ഥനമനോമയ ആ സത് രുപണ ആ ജീവൻ മനോമയന അതുകൊണ്ടെന്തൊരുന്നു മനന ദർശന ശ്രവണാദി വ്യവഹാരായ കൽപതി ആ ജീവന് മനനം ചെയ്യാൻ കഴിയുന്നു ദർശന ശ്രവണാദികൾ കഴിയുന്നു വ്യോഹാരത്തിനെല്ലാം ആ ജീവൻ സമർത്ഥനായിത്തീരുന്നു എന്തുകൊണ്ടത് മന്മയമായതുകൊണ്ട് മനോമയനായതുകൊണ്ട് തത് പരമിച്ച ആ മനസ്സ് പരിമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സെപ്പോഴാവ് ഭരമിക്കുന്നത് സുഷൃത്തിയിൽ സ്വം ദേവതാരൂപമേവ പ്രതിബദ്ധത ആ ദേവതാരൂപം സത് ദേവത എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ചന്ദ്രൻ എന്നൊക്കെ അർത്ഥം ഇവിടെ ദേവത എന്ന് പറഞ്ഞാൽ സത് ആ സത് സ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്നു ഏതൊരു ജീവനാണോ മനന ദർശനാദി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇപ്പം സംസാരിക്കുന്നു കേൾക്കുന്നു ചിന്തിക്കുന്നു ഇതേ ജീവൻ തന്നെ ആ മനസ്സില്ലാതായി കഴിഞ്ഞാൽ ആ ദേവതാസ്വരൂപത്തെ പ്രാപിക്കുന്നു ആ ദേവത തന്നെയായി മാറുന്നു ഇവിടെ പറയുന്നത് സുഷുപ്തിയെ കുറിച്ചാണ് പറയുക തദുഖം ശ്രുത്യേന്തിരെ അധ്യായ ദീവ ലേലായ ദീവ സദേഹി സ്വപ്നോകം അതിക്രാമതി ബൃഹധാരണയത്തിൽ വിഷയത്തെക്കുറിച്ച് വളരെ ദീർഘമായ ചർച്ചയുണ്ട് മുഖ്യമായിട്ടും നാലാം അധ്യായ സുഹൃത്തിയെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ പ്രധാനമായും അവിടെ സ്വപ്നത്തെക്കുറിച്ചും ജാഗ്രതനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് അധ്യായ ദീപ ധ്യാനിക്കുന്നത് പോലെ അല്ലെല്ലായ ദീപ ഇളങ്ങുന്നത് പോലെ സ്വപ്നത്തിൽ എല്ലാം ചലിക്കുന്നതായിട്ടുള്ള അനുഭവം സതീഹി ആ മനസ്സോടുകൂടിയവനായ പുരുഷൻ സ്വപ്നോ ഭൂത്വ ഇമം ലോകം അതിക്രമതി ജാഗ്രത കടന്നുപോകുന്നു സ്വപ്നത്തിനെത്തിച്ചേരുന്നു അവിടെ ഇതുപോലെ തന്നെ സർവം ചെയ്യുന്നു ശ്രവണമല്ലാതി വ്യാപാരങ്ങളെല്ലാം ചെയ്യുന്നു സവായമാത്മാ ബ്രഹ്മ അതാണ് ഈ ആത്മാവ് അതാണ് ബ്രഹ്മം വിജ്ഞാനമയ അവൻ തന്നെയാണ് വിജ്ഞാനമയനായി മനോമയ ഇത്യാദി സ്വപ്നേന ശരീരം ഇത്യാദി അവന് തേജസ്സമായ സ്വപ്നമയമായ രൂപം അവിടെ ഉണ്ടാകുന്നു പ്രാണേന പ്രാണന പ്രാണോ നാമഭവതി അവൻ അവിടെ പ്രാണന വ്യാപാരം നടത്തുന്നു അതുകൊണ്ട് അവനവിടെ പേര് കിട്ടി ജാഗ്രത നടത്തുന്നതെല്ലാം സ്വപ്നത്തിനും ആ ജീവൻ നടത്തുന്നു ജാഗ്രത ജീവന് പ്രാണനെന്നുള്ള പേരുണ്ട് അതുകൊണ്ട് സ്വപ്നത്തിനും നിങ്ങളുടെ ജാഗ്രതവിഷയേഭ്യോ നിവൃത്തം ദൈവതം സ്വാത്മഭൂതം യവസ്ഥാനം തത്പുത്രായ അജിഖ്യുഹു ഉദ്ദാകോഭിരണിശ്ചേതുഗേദം പുത്രമുവാചുക് യസ്യ മനസ്തസ്യ മനാഖ്യാംഗദസ്യ മനുവശമരേണ മനസ്സെന്നുള്ള പേരുള്ള എന്നാണ് മനസ്സിൽ സ്ഥിതി ചെയ്യുന്നവസ്ത മന ആഖ്യാംഗത മനസ്സെന്ന പേരുള്ളവൻ മനോവശമദ്വാരേണ അവന്റെ മനസ്സ് വിഷമിക്കുമ്പോൾ മനസ്സിന്റെ വിശമോ അങ്ങനെ മനസ്സിനെ നിരോധിച്ചിട്ടല്ല മനസ്സിൽ സമാധി പരിശീലിച്ചിട്ടല്ല ധ്യാനിച്ചിട്ടല്ല പിന്നെയോ ഇന്ദ്രിയ വിഷയഭ്യൂ നിവൃത്തസ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നത് മനസ്സ് ബലാത്കാരമായി പിടിച്ചുപെട്ടുന്നു ഒരിടത്ത് ഉറപ്പിക്കുന്നത് അങ്ങനെ പ്രപഞ്ചത്തെ വിസ്മരിച്ചിട്ട് സമാധിയിലിരിക്കുന്നു നിലവുകൾക്ക് സമാധിയിലിരിക്കുന്നു ഇവിടെ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജാഗ്രതയിൽ കൊണ്ടിരുന്നു കൊണ്ട് മനസ്സിനെ അങ്ങനെ പിടിച്ചു കെട്ടുന്ന എന്ത് ക്ലേശകരമായ അഭ്യാസമാണ് ചെയ്യേണ്ടി വരുന്നത് പക്ഷെ ഇവിടെ ഇന്ദ്രിയ വിഷയഭ്യുന്നിവിടെ തസ്യ ഇവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല അവൻ ആഗ്രഹിക്കുന്ന അവൻ ഇച്ഛിക്കേണ്ട കാര്യമില്ല അവൻ അറിയുന്നുകൂടി ഇല്ല ഞാനിത് അസമാഹിതനായിരിക്കുന്നു എന്നൊരു അനുഭവം കൂടിയില്ല സ്വയം സ്യ ഈ വ്യാപാരങ്ങളിൽ നിന്നെല്ലാം നിപിടുത്തനായി ഇവിടെ ഇവിടത്തെ കുറിച്ചാണ് പറയുന്നത് സുഷുതി മനോനിരോധം സംഭവിക്കുന്നു സ്വയം വളരെ യത്നിച്ചിട്ടും ലഭ്യമാകാതെ വരുന്ന മനോനിരോധം അതിന്റെ ഫലമായ പരമാർത്ഥ സമാധി അതവിടെ കിട്ടുന്നു സുഷുതി കൃത്രിമ സമാധിയല്ല അതാണ് പരമാർത്ഥ സമാധി ബാക്കി നമ്മളെ അഭ്യാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൃത്രിമ സമാധിയാണ് രസ്യാം പരസ്യം ദേവതായാം ഇതെന്താണ് സ്വപ്നഭൂതായം ആ ജീവന്റെ സ്വരൂപം തന്നെ സമാധി അങ്ങനെയുണ്ട് എന്റെ സമാധിയാണ് എന്റെ സ്വരൂപല്ല സമാധി എന്റെ മനസ്സിന്റെ അവസ്ഥയാണ് സമാധി ഞാൻ ഇവിടെ അധ്വാനിച്ച് നേടിയെടുത്തു മനസ്സു വിഷയങ്ങളിൽ നിന്നൊന്നും നിവർത്തിച്ച് മനസ്സിനുണ്ടായ ഒരവസ്ഥ അതല്ല ഇതെന്താണ് പരസ്യം ദേവതായാം സ്വത്മഭൂതായ പരദേവതയിൽ പരവുദേവഹ എന്ന് ശ്രുതി പറയുന്ന പരദേവതയിൽ സ്വത്മഭൂതായാം സ്വസ്വരൂപം തന്നെ യഥാനം അതായത് ആയ ആദിഖ്യാസ് അത് പുത്രൻ പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടി ഹാക്കിൽ ആരുണിയുടെ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് ആ ജീവന്റെ യഥാർത്ഥ നില എവിടെയാണ് ഉദ്ദാലകൻ ആരുണിയും സേതഗീതും പുത്ര ഉപാചുക്തവാന് പറഞ്ഞു കൊടുക്കുന്നു എന്താണ് പറഞ്ഞുകൊടുക്കുന്നത് സ്വപ്നന്ദ്രീങ്ങനെ ആർക്കെയും മനസ്സൊന്ന് പേര് വന്നു എങ്ങനെ ആ ജീവൻ ആ മനസ്സിനെ ഉപേക്ഷിച്ചിട്ട് ആ പരദേവതയോടുകൂടി തന്റെ സുശക്തി സ്ഥാനത്തിൽ ഏകീഭവിക്കുന്നത് അത് വിശദീകരിക്കുന്നു സ്വപ്നാന്തം സ്വപ്ന മദ്യം സ്വപ്നം ദർശനപേ സ്വപ്നം സ്വപ്നാന്തം സുഷുപ്തം എന്താ പറയുക സ്വപ്നാന്തം ഹേ പുത്ര നീ സ്വപ്നാന്തത്തെ അറിയുക എന്താണ് സ്വപ്നാന്തം സ്വപ്നമധ്യം സ്വപ്നപൂർത്തേഹേ സ്വപ്ന സ്വപ്നം നടന്ന ദർശനവൃത്തി ജാഗ്രത പോലെ കാണുന്നതാണ് സ്വപ്നം സസ്യ മധ്യം സ്വപ്നം സുഷുപ്തം അതിന്റെ മധ്യം ആണ് സുഷുപ്തം എന്തുകൊണ്ടാണ് അതിൻ്റെ മധ്യം എന്ന് പറയുന്നത് ഇങ്ങനെ സ്വപ്നത്തിലേക്ക് പോകുന്നു സ്വപ്നത്തിൽ നിന്ന് ക്രമേണ അറിയാതെ സൃഷ്ടി പോകുന്നു വീണ്ടും ജാഗ്രതയിലേക്കോ സ്വപ്നത്തിലേക്കോ ഒക്കെ പോകുന്നു വീണ്ടും സൃഷ്ടിയിലേക്ക് വരുന്നു ഇങ്ങനെ ജീവൻ വിശ്രമത്തിനായി പ്രതിദിനം ആ സൃഷ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിന് സ്വപ്ന മധ്യം എന്ന് പറയും ഇതിന്റെയൊക്കെ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങളുടെ മധ്യത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വപ്നാന്ത സുഷത്വം അഥവാ സ്വപ്ന സതത്വം അല്ലെങ്കിൽ സ്വപ്നാന്തം എന്ന് പറഞ്ഞാൽ സ്വപ്ന സം സ്വപ്നത്തിന്റെ കാരണം എവിടെയാണോ ഈ സ്വപ്നം പ്രകടമാവുന്നത് അതാണ് സ്വപ്നത്തിന്റെ കാരണം സ്വപ്നം പ്രകടമാകുന്ന ആത്മതത്വത്തിലാണ് അതുകൊണ്ട് ആത്മതത്വമാണ് അതിന്റെ കാരണം അങ്ങനെയെടുക്കാം സ്വപ്നാന്തം സുഷ് അഥവാ സ്വപ്നാന്ത സ്വപ്ന സാരി സ്വപ്ന സ്വയം കാര്യമാണ് അതിന്റെ കാരണം സുഷിപ്തം തത്രാപി അർത്ഥ സുഷുപ്തമേവതി എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി ഇവിടെ മന്ത്രത്തിൽ വന്ന ശബ്ദം സ്വപ്നാന്തം എന്നുള്ളതിനർത്ഥം സുഷുപ്തം സുഷ്തിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ും അപീതോഭവീരുവചന അവിടെയാണ് താൻ വിനയിക്കുന്നത് ഏകീഭവിക്കുന്നത് വാസ്തവത്തിൽ പരമാർത്ഥ അതങ്ങനെ സമാധിയിലെന്നാണല്ലോ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഏകീഭവനം അല്ലെങ്കിൽ പറഞ്ഞു പക്ഷെ ഈ ജാഗ്രതരങ്ങനുമായിക്കൂടെ ഇവിടെയാണല്ലോ എല്ലാം ഉണർന്നിരുന്നത് ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങുന്നത് ഗുരുവിനെ കാണുന്നത് ഗുരുമായിട്ട് സംവാദം നടത്തുന്നത് ശ്രോണമെന്നാസന അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആയിക്കോട്ടെ ഹയകി ഭവനം പറയുന്നു സാധ്യമല്ല ഇവിടെ പറയുന്നത് ബ്രഹ്മവിത്തുക്കളുടെ കാര്യമാണ് പറയുന്നത് അല്ലാതുള്ളവരുടെ കാര്യമില്ല അല്ലാതുള്ളവർ പലതും പല അഭിപ്രായങ്ങളും പറയും പക്ഷേ ബ്രഹ്മവിദ ബ്രഹ്മവിത്തുക്കൾ എന്താണ് പറയുന്നത് സുഷുപ്താദ് അന്യത്ര ജീവസ് അഭീതി ജീവന്റെ ഏകീഭവനം സുഷുപ്തിയിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും സംഭവിക്കുമെന്ന് ബ്രഹ്മയുദ്ധുകൾക്ക് അഭിപ്രായമില്ല വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സംശയത്തിനും കണ്ടവരാത്തെന്താണോ സുഷുപ്താത് അന്യത്ര ുഴ്ത്തിയല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥാനത്ത് ജാഗ്രത്തോ സ്വപ്നമോ സമാധിയോ മൂർച്ഛയോ ഒരിടത്തും അപീരി ജീവന്റെ അപീരി പറഞ്ഞു ഏകീഭവനം അടുത്ത് അങ്ങനെ വയ്ക്കാനും ജീവന്റെ ഐകീഭവനം പരമാത്മപ്രാപ്തി ബ്രഹ്മവിദ നയിച്ചതി ബ്രഹ്മവിത്തുക്കൾ ആഗ്രഹിക്കുന്നില്ല എന്നുവെച്ചാൽ അങ്ങനെ അഭിപ്രായമില്ല ബ്രഹ്മവിത്തുക്കൾ എന്തായാലും ജീവനൊരു പരമാത്മപ്രാപ്തി ഉണ്ടെന്ന് പറയുന്നു ആ പരമാത്മപ്രാപ്തി ഏതിരത്തി വ്യാഖ്യാനിച്ചാലും ശരി ജീവൻ ആ പരമാത്മാവിൽ നിന്നും വേറല്ലാതിരിക്കുന്ന ഒരവസ്ഥ ജീവന് ആ പരമാത്മാവിൽ നിന്ന് ഭ്രഷ്ടനായി അതാ ഞാൻ ജീവനാണ് ഞാൻ ശരീരാഭിമാനിയാണ് ഞാൻ ഭർത്താവും ഭോക്താവുമാണ് ഞാൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു എനിക്ക് ബന്ധമോക്ഷങ്ങളുണ്ട് ഇങ്ങനെയല്ല ജീവിതം കരുതുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നും വേറിട്ട് ഇങ്ങനെ അനുഭവങ്ങളൊന്നുമില്ലാതെ ആ പരമാത്മാ സത്സ്വരൂപത്തോട് ഏകീഭവിച്ചിരിക്കുന്ന ആ സ്ഥിതി സുഹൃത്തിയിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും സാധ്യമല്ല എന്നാണ് ബ്രഹ്മജ്ഞാനികളുടെ അഭിപ്രായം ുടെ പ്രമാണമാക്കി പറയുന്നു ഇനി കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവുന്നുണ്ട് അന്യത്ര ഉത് പഠിച്ചു വയ്ക്കും സുഷുതീര്യം ജീവ സി ബരമുധ ഈശ്വരപ്രാപ്തി പരമാത്മപ്രാപ്തി ജീവന് സംഭവിക്കുന്നത് സുഷൃക്തിയിലാണെന്ന് പറയുമ്പോൾ സംശയം വരാം ജാഗ്രതും അത് പരമാത്മാവാണല്ലോ ജാഗ്രതത്തിലും അത് പരമാത്മാവിനെ പ്രാപിച്ചിരിക്കേണ്ട ഇനി എന്താ പ്രാപിക്കാൻ സ്വപ്നത്തിനും അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ സമാധിയിലും ഈ കോലാഹലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടവിടെ പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാം എന്തിന് ഈ സുഷൃപ്തിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് എന്താണ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ഭാഗികമായി നിലയ്ക്കുന്നതാണ് സൂക്ഷിച്ച് ശരീരശാസ്ത്രം ആധുനിക ശരീരശാസ്ത്രം പറയുന്നതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം ഭാഗികമായി ഇല്ലാതാകുന്നു ഭാഗികമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് തലച്ചോറിനെ സൂക്ഷ്മമായ ഉപകരണങ്ങളോടുകൂടിയൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് ഇത്രയല്ലേ ഓട്ടോ അത് മാത്രമല്ല പരമാത്മപ്രാപ്തി ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം വ്യത്ഥമായി ശാസ്ത്രം വ്യക്തമായി ഗുരു വ്യക്തമായി ആത്മീയത വ്യർത്ഥമായി അഭ്യാസങ്ങളെല്ലാം വ്യക്തമായി അങ്ങനെ ഇതെല്ലാം എന്തിനു ശ്രവണമെന്ന വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ എന്താ പ്രയോജനം എന്തുകൊണ്ട് ഒരു ശാസ്ത്രം ധരിക്കാത്തതും ഒരു ഗുരുവിനേയും പ്രാപിക്കാത്തതും ശ്രദ്ധയും സമാധാനവും യോഗ്യതകളൊന്നുമില്ലാത്തതും പ്രദിക്ഷിണം സുഷൃത്തിയിലേക്ക് പോകുന്നു സുഷൃതി സർവരെ സംബന്ധിച്ച് സഹജമായിരിക്കുന്നു പൂർവ്വം ചിലർക്ക് മാത്രം തലച്ചോറിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ ചിലപ്പോൾ സുസ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെന്ന് വരും പക്ഷെ സർവ്വസാധാരണമായി മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും ആ സുസ്ഥിതിയിലെത്താത്തവരും അതിനൊരു എത്തുന്ന ആവശ്യമില്ല സഹജമാണ് അങ്ങനെ അത് സഹജമായി സദാപ്രാപ്തമായിരിക്കുക ജാഗ്രതനേക്കാൾ കൂടുതൽ ജീവൻ സുഷ്ടിയിൽ ഇങ്ങനെ ലയിക്കുന്ന സ്വാഭാവികമായിരിക്കും ഇതിൻ്റെ ആവശ്യം തോന്നുന്നു അത്രയും സഹജമായ ഒരു കാര്യം ശാസ്ത്രം കൊണ്ടുവന്ന് പ്രയോജനം ഗുരുവിനെ കൊണ്ട പ്രയോജനം ഇനി ഒരുപാട് ചോദ്യങ്ങൾ വരാം ഇനി അതാണെങ്കിൽ ജാഗ്രത്തിനും സ്വപ്നത്തിനുമെല്ലാം ആ പരമാത്മാവ് അതായി തന്നെ ഇരിക്കുന്നുണ്ടോ മാത്രം എന്താ പ്രത്യേകത ജാഗ്രാൻ സത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞു അനുഭവമുള്ള കാലഘട്ടം അവസരത്തിന് ജാഗ്രത് പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ ജീവൻ പരബ്രഹ്മം തന്നെ ഒരിക്കലും അത് സത്താകാതിരുന്നിട്ടില്ല അങ്ങനെ ചിന്തിച്ചാലും എന്താ സൃഷ്ടിക്ക് ഇത്ര പ്രത്യേകത അതാണ് അത് വിശദീകരിക്കുന്നത് തത്ര ഹി ആദർശ അപനയനേ ദൃശ്യ ആദർശക അപീതോഭവതിരമേന്യംബരൂപാ വ്യാകരണായ ആദർശനെ മുമ്പിലിരിക്കുന്ന കണ്ണാടി എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പുരുഷ പ്രതിബിംബം ആദർശ ആ കണ്ണാടിയിലുണ്ടായിരുന്ന പ്രതിബിംബം എവിടെ പോയി എങ്ങോട്ട് പോയി എന്തായാലും അവിടെ ഒരു പ്രതിബിംബത്തെ കണ്ടതാണല്ലോ അതെവിടെ പോയി അവിടെ കണ്ടത് എന്തിനാണ് സ്വന്തം മുഖത്തെയല്ലേ കണ്ടത് താൻ കണ്ട മുഖം എവിടെയെങ്കിലും മുഖം അവിടെ ഉണ്ട് പിന്നെ ഒരു തോന്നലുണ്ടായിരുന്നാണ് എൻ്റെ മുഖം കണ്ണാടിയിലാണ് മുഖം കണ്ണാടിയിലെല്ലാ വാസ്തു കണ്ണാടിയിൽ മുഖത്തെ കാണുന്നു എന്നു തോന്നുകയാണ് മുഖം ഒരിക്കലും കണ്ണാടി വന്നിട്ടില്ല അപ്പൊ കണ്ണാടി മാറ്റിക്കഴിഞ്ഞാൽ മുഖത്തെക്കുറിച്ച് എന്തു പറയാം മുഖം അവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ പറയാം കണ്ണാടിയിൽ കണ്ട മുഖം മടങ്ങിപ്പോയി എന്നുവെച്ചാൽ കണ്ണാടിയിലത് വന്നില്ലല്ലോ എന്നർത്ഥം മുഖം മുഖമായി തന്നെ ഇരിക്കുന്നു ആദർശകത്വം യഥാസ്വമേവ പുരുഷം അപീതോ ഭൗതി അവിടെ നമുക്ക് പറയണ്ടാണ് ആ പ്രതിബിംബം മുഖത്തിൽ ലയിക്കുന്നു എന്ന് പറയും പ്രതിബിംബം മുഖത്തിൽ ലയിക്കുന്നു എന്ന് പറയണ്ട അവിടെ വാസ്തവത്തിൽ ലയമല്ലോ സംഭവിച്ചു കണ്ണാടിയിന്ന് മുഖത്തിലേക്ക് പ്രതിബിംബം യാത്ര ചെയ്തോ ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്തുകൊണ്ട് മുഖം വരിക്കലും മുഖത്തെ വിട്ട് കണ്ണാടിയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് മടങ്ങി വരേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് പറയാം ുന്നു സ്വ അപീതോഭവതി അപീതയിക്കുക എന്നാണ് അർത്ഥം ആ ശബ്ദത്തിന്റെ അർത്ഥം അപീതനായി വിലയിച്ചു ഏവം അതുപോലെ മനാഗ്പുരമേ ചൈതന്യ പ്രതിബിംബരൂപേണ ജീവനാത്മന മനസ്സി പ്രവിഷ്ഠ നാമരൂപ വ്യാകരണായ പരാദേവത ജാഗ്രതവും സ്വപ്നവും സുഹൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് എപ്പോഴും ആ ജീവൻ പരമാത്മാവായി തന്നെയിരിക്കുന്നു പരമാത്മാവിന് ഒരു ചുതി സംഭവിച്ചിട്ടില്ല പരമാത്മാവ് സ്വയം മാറി ജീവരൂപത്തെ ഒന്നും പ്രാപിച്ചിട്ടില്ല എങ്കിലും വ്യത്യാസമുണ്ട മനാധിപരമേ ജാഗ്രതും സ്വപ്നത്തിനും മനസ്സ് പ്രവർത്തിക്കുന്നു മനസ്സ് പ്രവർത്തിക്കുന്നതുകൊണ്ട് മനസ്സെന്ന ഉപാധിയോടുകൂടിയ ജീവൻ പ്രവർത്തിക്കുന്നു സുഷുത്തിയിലോ അപ്പീതോ ബോധി അത് ഉപരമിക്കുന്നു അത് പ്രവർത്തിക്കുന്നില്ല എന്നത് തലച്ചോറാണ് ചൈതന്യത്തിന്റെ ഉറവിടം അതിൽ നിന്നാണ് ഈ ചൈതന്യം അല്ലെങ്കിൽ ഈ ബോധസ്ഫുരണം ഉണ്ടാകുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തകരാറ് സംഭവിച്ചത് സ്ഫിരിക്കത്തില്ല എന്ന് ധരിച്ചിരിക്കുന്നവർക്കത് മനസ്സിലാകും ഇവിടെ പറയുന്നത് സത്ത് സത്താണ് ബോധം സത്തിന്റെ സ്ഫുരണമാണ് ഈ മനസ്സ് ഈ ജീവഭാവം കാരണം അനുഭവിക്കുന്ന സ്വർവത്തിൽ നിന്നും വിലക്ഷണമായിരിക്കുന്നു ചൈതന്യത്തിന് അതിൻ്റെതായൊരു പ്രത്യേകതയുണ്ട് എന്താണത് പ്രകാശസ്വരൂപമാണ് അത് അറിവാണ് അത് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു അത് വ്യാപകമായിരിക്കുന്നു അതിന് വിഷയമായിരിക്കുന്നത് അതുപോലെ ചൈതന്യവത്തുള്ള ജഡമാണ് അപ്പോൾ ആ ജഡത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈ ചൈതന്യം ഈ ബോധം പ്രകാശിപ്പിക്കുന്നതാണ് സ്ഥൂലമായ ശരീരവും തലച്ചോറും സൂക്ഷ്മ അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം ഈ ചൈതന്യം പ്രകാശിപ്പിക്കുന്നു ചൈതന്യം പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അവിടെ പ്രാധാന്യം അതിനാണ് അല്ലാതെ ആ പ്രകാശത്തിന് വിഷയമായി വരുന്ന വസ്തുവിനല്ല ഇത് തലച്ചോറിന്റെ പ്രവർത്തനമാണെന്ന് പഠിപ്പിക്കുന്നതും ഈ ബോധം തന്നെ ആ ഒരു ജ്ഞാനവും ഇത് പ്രകാശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെല്ലാത്തിനും പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം അതിനാണ് പ്രാധാന്യം ആ ചൈതന്യ പ്രകാശത്തിൽ ഇതെല്ലാം നിൽക്കുന്നു മനസ്സും അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ചൈതന്യപ്രകാശത്തിൽ നിൽക്കുന്നു ഈ ചൈതന്യത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും നിഗമനങ്ങളും എല്ലാം ഈ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് തലച്ചോറാണെന്ന് പറഞ്ഞാൽ ഹൃദയമാണെന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ആണെന്ന് പറഞ്ഞാലും എല്ലാം ആരാ ഈ അറിവിനെ എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഈ ചൈതന്യം അതുകൊണ്ട് ചൈതന്യത്തിനാണ് പ്രാധാന്യം ആ ചൈതന്യത്തിൽ ചൈതന്യത്തിന്റെ സ്ഫുരണമായി നിൽക്കുന്നതാണ് മനസ്സ് ജീവരൂപത്തിൽ പ്രകാശിക്കുന്നു അതിനെ പറയുന്ന ചൈതന്യ പ്രതിബിംബരൂപീണോ അതിന്റെ ചൈതന്യത്തിന്റെ പ്രതിബിംബം എന്ന് പറയും ജാഗ്രത സ്വപ്നത്തിലും സുഷ്ടയിലും മൂന്നിനും ആധാരമായിരിക്കുന്ന ആ ചൈതന്യം അതിന്റെ പ്രതിബിംബം കൊണ്ട് ജാഗ്രത സ്വപ്നം ചൈതന്യ പ്രതിബിംബരൂ വീണ ജീവേൻ അത് നമ്മൾ ജീവൻ എന്ന് പറയും അല്ലെങ്കിൽ മനസ്സെന്ന് പറയും അല്ലെങ്കിൽ പ്രാണനെന്ന് പറയും ആ ജീവരൂപത്തിൽ ജീവേനാത്മന ജീവാ മനസ്സി പ്രവിഷ്ഠ അതും മനസ്സിനോട് താതാത്മ്യപ്പെട്ടു മനസ്സിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഈ ജാഗ്രസ്വപ്നം ഈ വ്യവഹാരങ്ങളെല്ലാം നടത്തുന്നു അത് നാമരൂപം വ്യാകരണമായ പരാ ദൈവദാസാസും ആത്മാനും പ്രതിബദ്ധതയും എന്തിനത് ഈ മനസ്സിലേക്ക് കടന്നുവന്നു ഈ മനസ്സിൻ്റെ സ്ഫുരണത്തിലൂടെ പ്രപഞ്ചത്തെ അനുഭവിച്ച് ഇവിടെ സൃഷ്ടിച്ചി സംഹാരങ്ങളല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ശരീരമാകുന്ന ഉപാധിയിലും ഓരോ മനസ്സാകുന്ന ഉപാധിയിലും ഈ പ്രകാശിക്കുന്ന ജീവിതരൂപത്തിൽ പ്രകാശിക്കുന്ന ഈ ദേവത അത് സർവത്ര ഈ സൃഷ്ടിസ്ഥിതി സംഹാര വ്യാപാരങ്ങളിടപെട്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് പരാദേവത ആ പരാദേവത ജാഗ്രസ്വഫ്നങ്ങളിലേക്ക് വരുന്നത് ഇതിനു വേണ്ടിയിട്ട് മനസ്സിൻ്റെയും ജീവന്റെയും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് അതാണ് സുഷുത്തിയിലെ പ്രത്യേകത ജാഗ്രതനും സ്വപ്നത്തിനും എല്ലാം ആ പരമാത്മാവ് ഏകീഭൂതനായി തന്നെയിരിക്കുന്നു സുഷുത്തി എന്നും അങ്ങനെ തന്നെ പക്ഷേ ജാഗ്രതത്തിനും സ്വപ്നത്തിനും ജീവേനാത്മന മനസ്സി പ്രവിഷ്ഠ ജീവാത്മരൂപത്തിൽ മനസ്സിൽ പ്രവേശിച്ച് നാമരൂപം വ്യാകരണം മികച്ച വ്യവഹാരങ്ങൾ എല്ലാം അനുഷ്ഠിക്കുന്നു നമുക്ക് പറയാൻ സദാ സമ്പന്നോ ഭവതി സമഭീതോഭവതി സത്സമ്പന്നനാണെന്നപ്പോൾ പറയാൻ കഴിയും എന്തുകൊണ്ട് അവിടെ അസത് അനുഭവങ്ങൾ ജന്മമരണങ്ങൾ ബന്ധമോക്ഷങ്ങൾ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടിത് വിലക്ഷണം തന്നെയാണ് ഈ ചൈതന്യം തന്നെയാണ് ജാഗ്രത പ്രകാശിപ്പിക്കും ആ ചൈതന്യം തന്നെ സ്വപ്നത്തെ പ്രകാശിപ്പിക്കുന്നു ആ ചൈതന്യം തന്നെയാണ് സുഹൃപ്തിയും പ്രകാശിച്ചത് പക്ഷെ വ്യത്യാസം മറ്റു രണ്ട് സ്ഥലത്തും അത് തത്തായി ഇരുന്നിട്ടുകൂടി അത് പുരുഷാകാരത്തെ പ്രാപിച്ചിരിക്കുന്നു പുരുഷരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു ദഷ്ട ശ്രോത മന്ദ വിജ്ഞാത ഈ ഭാവത്തിലിരിക്കുന്നു അതാണ് സുഹൃത്തിയുടെ സവിശേഷത അത് തലച്ചോറിന്റെ സുഷൃത്തിയല്ല മനസ്സിന്റെ സുശക്തിയാണ് അതാണ് അവിടെ ഏകീഭവനം സംഭവിക്കുന്നു പറയുന്നത് ഈ വ്യവഹാരങ്ങൾ നാമരൂപ വ്യാകരണം എന്ന് പറയുന്ന ഈ പ്രവർത്തനങ്ങളൊന്നും അവിടെ ഇല്ല എന്താണ് സ്വമേവ ആത്മാനം പ്രതിബദ്ധത ഈ അറിവിനൊരു സ്വരൂപമുണ്ട് ഈ അറിവ് പ്രകാശിപ്പിക്കുന്നത് എന്താണ് അതിന്റെ അന്യതയാണ് പരരൂപത്തെയാണ് നാമരൂപങ്ങളായി പ്രകാശിപ്പിക്കുന്നു അതാണ് ജാഗ്രത സ്വപ്നം ഈ അന്യത്വത്തിൻ്റെ പ്രകാശനമാണ് അതേ ജീവൻ തന്നെ ജീവസ്വരൂപത ജീവരൂപത അതിന്റെ ആ പരമാത്മ സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്താണ് മന ആഖ്യാമിക്കുക അവിടെ അത് മനസ്സെന്നുള്ള പേരു വീക്ഷിക്കും മനസ്സെന്ന് പറയുന്ന രൂപത്തെ ഉപേക്ഷിക്കുന്നു മനസ്സിന്റെ പ്രവർത്തനങ്ങൾ അപേക്ഷിക്കുന്നു ഇത് ജാഗ്രത സ്വപ്നത്തിൽ സംഭവിക്കുന്നു അത് സഹജമായി സംഭവിക്കുന്നു സഹജമായി സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സാധനയുടെ എന്നും ആവശ്യവും എന്താ ആവശ്യം പറയുന്നു ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് സാധന ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള ബന്ധം ശരിയാണോ മോക്ഷം ശരിയാണോ അതെന്ന് തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നു ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ജീവന്റെ പരമാർത്ഥ അവസ്ഥ എന്താണെന്ന് ജീവന്റെ പരമമായ നില എന്തെന്ന് പറയുകയാണ് ജീവന്റെ പരമമായ നില ആ പരമാത്മാവിനോടുള്ള ഏകീഭവനമാണ് അവിടെ ജീവഭാവമില്ല ജീവത്വം കെട്ടുപോകുന്നു ജീവത്വമേ അവിടെ കേവലം പരമാത്മാവ് മാത്രം ആ ഒരു സ്ഥിതി അത് സുഷൃപ്തിയിൽ പൂർണ്ണമാണ് വേറൊരവസ്ഥയിൽ അന്യത്രം ബ്രഹ്മവിധിച്ചു എന്നാണ് ഭാഷകാരൻ പറഞ്ഞത് സുഷൃപ്തിയിലത് പരിപൂർണമായിരിക്കുന്നു സഹജമായിരിക്കുന്നു എന്നിട്ട് എന്നുള്ളൊരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ ഈ ജാഗ്രത്തിനും നീ പരിപൂർണമായിരുന്നിട്ടും എന്നൊരു മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്റെ സുഹൃത്തിൽ ഇങ്ങനെ മാറ്റം സംഭവിക്കുന്നു അതിന് സുഹൃത്തിയെ കുറിച്ച് എന്തിനു പരിഭവം പറയുന്നു ജാഗ്രത നീ പരിപൂർണനാണല്ലോ നിത്യശുദ്ധ മുക്തസ്വരൂപനാണല്ലോ ജാഗ്രതത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ അതിലും മാറ്റം ഒന്ന് സംഭവിക്കുന്നു വീണ്ടും ജാഗ്രതയിലേക്ക് പക്ഷെ അത് പരമാർത്ഥമാണ് പരമാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നു പരമാർത്ഥത്തെ വിടുന്നു മനസ്സ് അല്ലെങ്കിൽ ജീവൻ അത് സംഭവിക്കുന്നു എന്തിനു വേണ്ടി ഇതാണെങ്കിൽ ഇത് സകലമായി ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ സാധനകളുണ്ടെന്ന് നേടാ സാധന എന്തിനു വേണ്ടിയിട്ടാണ് ഏതെങ്കിലും സാധനയിലൂടെ ഈ പരമാർത്ഥത്തെ പ്രാപിക്കാമെന്ന് പറയുന്നു അത് സാധ്യമല്ല അന്നം പാകസാധ്യമായിരിക്കുന്നതുപോലെ സാധന സാധ്യമല്ല പരമാ പരമാത്മപ്രാപ്തി എന്ന് പറയുന്ന എന്താണ് നിത്യാപ്തമാണ് അതൊന്നും പറയുന്നില്ല ശ്രോണ മരണങ്ങൾ ഒന്നും പറയുന്നില്ല എന്താണ് നീ ഇതിനെ പ്രാപിക്കും എന്നല്ല പറയുന്നത് നിത്യാപ്തം അപ്പോ നിത്യാപ്തമായ ഒന്നിനെ ഞാൻ പ്രാപിക്കുന്നില്ല എന്ന് പരിഭവം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്റെ സാധനങ്ങൾക്കൊന്നും അതിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ട് സാധനങ്ങളിലൂടെ അത് സാധ്യമല്ല എന്നാണ് പറയുന്നത് എങ്ങനെ മനാതി ഉപാധികൾ വിലയിക്കുന്ന സുഹൃത്തിയിൽ അവിടെ എന്ത് സാധനയിലൂടെ എന്തിനെ പ്രാപിക്കും സാധ്യമല്ല എന്നാണ് പറയുന്നത് പിന്നെ ശ്രവണമനനങ്ങൾ അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കും ഇതാണ് പരമാർത്ഥം എന്നതിനെ ബോധിപ്പിക്കുന്നത് തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു യഥാർത്ഥ ജ്ഞാനത്തെ അത് പ്രകാശിപ്പിക്കുന്നു ആ ജ്ഞാനമാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് അല്ലാതെ അത് യത്നസാധ്യമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുക ഇത് യത്നസാധ്യമാണ് ഇതിനു വേണ്ടി നീ യത്നം ചെയ്യണമെന്ന് പറയുക പരമാർത്ഥത്തെ ഇങ്ങനെ ബോധിപ്പിക്കുന്നു അവിടെയാണ് ശ്രവണ സാർത്ഥകമാകുന്നത് അവസ്ഥ അവസ്ഥയിൽ പരമാത്മാവിന്റെ സ്ഥിതി ഇതെല്ലാം എങ്ങനെ ധരിച്ചു ശ്രവണ മനനങ്ങളിലൂടെ ധരിച്ചു ധരിച്ചെങ്കിൽ അതാണ് അതിന്റെ പ്രയോജനം അപ്പൊ ശ്രവണ മനനങ്ങൾ സാർഥകമാണോ മറ്റു സാധനങ്ങളോ എല്ലാം മനസ്സിന് അതിന്റെ യോഗ്യത ഉണ്ടാക്കി കൊടുക്കുന്നതിന് സർവവും സാർത്ഥകമാണ് ജാഗ്രത ജാഗ്രതൊന്നും വ്യക്തമാണ് പക്ഷെ ഇതുകൊണ്ട് ജാഗ്രത ഇനി ജാഗ്രത വിട്ട് മറ്റേതെങ്കിലും അവസ്ഥയിൽ പോയി സമാധിയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരവസ്ഥയിൽ പോയിട്ട് ഇതിനെ ഈ സാധനയിലൂടെ സാധ്യമാക്കിക്കലാം സിദ്ധമാക്കിക്കലാം എന്നൂടെ പറയുന്നു അത് സാധ്യമല്ല അതിന് മറ്റൊരവസ്ഥയിൽ അത് എല്ലാ വസ്തു അത് സഹജമായി തന്നെയിരിക്കും പിന്നെന്താത്യന്തികമായതിന്റെ പ്രയോജനം ഇതിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ ദൂരീകരിക്കുക ആ ഭ്രാന്തിയാണ് ഇവിടെ അഭ്യാസങ്ങൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടുന്നത് അതാണ് പരമാത്മപ്രാപ്തിയെന്ന് ഭ്രമിപ്പിക്കുന്നു എന്ന് കരുതിക്കുന്നു അഭ്യാസങ്ങൾ ചെയ്താൽ നേടാൻ പറ്റും പറയും സാധനങ്ങൾക്കെല്ലാം സാധ്യമുണ്ട് അത് ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി കായികമോ വാചികമോ മാനസികമോ ആയ എല്ലാ സാധനങ്ങൾക്കും സാധ്യമുണ്ട് ഫലമുണ്ട് ജപ തപങ്ങൾക്കെല്ലാം ഫലമുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒന്നിന്റെയും ഫലമുണ്ട് ഇതെന്താണ് സ്വസ്വരൂപം സ്വസ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുന്നതിനാണ് ശ്രവണ മണ്ണങ്ങളുടെ ആവശ്യം അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ആ ബോധിക്കലാണ് അജ്ഞാനനാശം വിപരിയനാശം സംശയനാശം അത് ആ ബോധിക്കലാണ് അതാണിവിടെ പറയുന്നത് അധ സുഷുപ്ത ഏവ സ്വപ്നാന്ത ശബ്ദ വാചിത്യവഗമ്യത ഇവിടെ സ്വപ്നാന്തം എന്ന് പറയുന്നതിന് നമുക്ക് ചിലർ സമാധിന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് സ്വപ്നം ഈ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം സ്വപ്നമാണ് ഇതിന്റെ ഒക്കെ അവസാനിക്കുന്ന ഒരിടം മനസ്സിനെല്ലാം നിരോധിച്ച് വൃത്തി നിരോധത്തിൽ സമാധി എന്ന് സ്ഥാനത്തിരിക്കുന്നു ഭാഷകാലം പറയുന്നത് ശരിയല്ല എന്താണ് അത് സുഷുപ്തഏവ സ്വപ്നാന്ത ശബ്ദവാച സ്വപ്നാന്ത ശബ്ദത്തിന്റെ വാച്യമായി വാച്യാർത്ഥമായി നമുക്ക് സുഷുപ്തി എടുക്കാൻ പറ്റും അവിടുത്തെ വിശേഷതയാണ് ഇവിടെ അവിടെ ഏകീഭവനം സംഭവിക്കുന്നത് സഹജമായി തന്നെ സഹജമായി പരമാത്മ സ്വരൂപത്തിലിരിക്കുന്ന ഈ ജീവൻ ഈ മനസ്സ് ഈ പ്രാണൻ ഇതെല്ലാം ആ സഹജഭാവത്തിലിരിക്കുന്നു ഇത്രയും വ്യത്യാസമില്ല ജാഗ്രസ്വപ്നങ്ങളിൽ ഈ സംസാരം അനുഭവപ്പെടുന്നു സുഷുതയിൽ സംസാരം അനുഭവപ്പെടുന്നില്ല ജാഗ്രത സ്വപ്നങ്ങളിൽ സംസാരം അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ബന്ധമോക്ഷങ്ങൾ അനുഭവപ്പെടുന്നു ശുത്തി അത് അനുഭവപ്പെടുന്നില്ല അത കേവലമായ പരമാത്മഭാവം മാത്രം ഒരാൾ പറയുന്നു ഞാൻ മുക്തനാണ് പറയുന്നു ആ മുക്തനാണെന്നുള്ള വ്യവഹാരം മറ്റൊരാൾ പറയുന്നത് ഞാൻ ജ്ഞാനിയാണ് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് സ്വാനുഭവത്തെ പറയും ഞാൻ മുക്തനാണ് ജനന മരണങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്നു ഞാൻ എൻ്റെ സ്വരൂപം എന്താണെന്ന് ധരിച്ചിരിക്കുന്നു പ്രപഞ്ച മിഥ്യാത് ഞാൻ ബോധിച്ചിരിക്കുന്നു എന്നെല്ലാം ഒരാൾ പറയുന്നത് സ്വാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നിരിക്കട്ടെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് ജാഗ്രത ഒരു ജാഗ്രത വ്യവഹാരം അവിടെ അത് പറയാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ജാഗ്രത വ്യവഹാരമാണ് സാധനങ്ങളുടെ ഫലം അത് ഈ ജാഗ്രത ഭാഗം തന്നെ പരമാർത്ഥം എന്താണ് ഈ ജാഗ്രത സ്വപ്നവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് ഭാഷകാലം പറഞ്ഞത് നക്ഷന്യത്ര സുഷക്ത സുഷുപ്തി അല്ലാതെ ഒരു സ്ഥാനമില്ല ജീവന് സുമതീതി പരമാത്മപ്രാപ്തിക്കും അത് പരമാർത്ഥത്തെ പറഞ്ഞേക്കും അത് സുഷുപ്ത സ്വപ്നാന്ത ശബ്ദവാശ് അതുകൊണ്ട് സ്വപ്നാന്തമെന്ന് പറയുന്നത് അത് ആ സുഷുപ്തി തന്നെയാണ് നിത്യവഗമ്യത അത് സഹജമായി സംഭവിക്കുന്നു അന്നർത്ഥം സൌജമായി സംഭവിക്കുന്നെച്ച ജീവൻ പറയും ഈ വ്യവഹാരങ്ങളിലെല്ലാം ഏർപ്പെട്ട് അത് ക്ഷീണിക്കുമ്പോൾ അത് വിശ്രമിക്കുന്നു അതിന്റെ വ്യാപാരങ്ങളും അത് അവസാനിപ്പിക്കുന്നു അത് ശരിയായ സുഷുതി ആ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിൻ്റെ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ നിർവീര്യമാക്കുകയോ തലച്ചോറിന് ഏതെങ്കിലും തരത്തിൽ ക്ഷയിപ്പിക്കുകയോ മരയിപ്പിക്കുകയോ ചീന്ന കൃത്രിമമായ ഉറക്കമൊന്നും അതെല്ലാം കൃത്രിമമായി സംഭവിക്കുന്നതാണ് മണിമന്ത്രഔഷധങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല അസമാധി പോലെതാണ് കൊണ്ട് സാധിക്കും അതുപോലെ മയക്കം മൂർച്ച അതെല്ലാം മറ്റുപായങ്ങളിലൂടെ സാധിക്കും കാരണം അതിന് ഹേതുക്കളുണ്ട് അതുകൊണ്ടാണ് ഉറക്കത്തിനുള്ള മരുന്ന് കഴിച്ചാൽ ഉറങ്ങും അവിടെ ഹേതുവുണ്ട് സുഷുദ്ധി നിർഹേതുകമാണെന്നാണ് വ്യത്യാസം അതിന് ഹേതുല്ല ജീവൻ സഹജമായി എവിടെയെങ്കിലും പോകും അതിന് ആഗ്രഹം വേണ്ട കേട്ടുകൊണ്ടിരിക്കുന്നു ഗ്രഹിച്ചിട്ടില്ല ആഗ്രഹം ഉറങ്ങരുതെന്ന് ഉറക്കത്തിനോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഉറങ്ങുന്ന നാണക്കേടാണെന്നറിയാം എന്നാലും ഉറങ്ങും ഉറക്കം താമസമാണ് നിദ്ര ആലസ്യം ഒരേ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഞാൻ ആധ്യാത്മിക സാധകനാണ് എനിക്ക് ഉറക്കം വരാൻ പാടില്ല ഇത്തരം അഭിമാനങ്ങളൊന്നും ഉറക്കത്തെ മാറ്റി നിർത്തിയില്ല ഉറങ്ങി തന്നെ എന്തുകൊണ്ട് അത് സഹജമാണ് നിറനിമിത്തമാണ് നിറനിമിത്തം എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള നിമിത്തങ്ങൾ കേട്ട ജീവനിൽ അതിന്റെ നിമിത്തം കാണുന്നുണ്ടാണ് ഈ വ്യവഹാരങ്ങൾ ജീവൻ മതിയെന്ന് തോന്നുന്നത് അത് വ്യവഹാരങ്ങളെ വിട്ട് പരമാത്മഭാവത്തെ പ്രാവരത്തിൽ വ്യവഹാരങ്ങൾ ഇരിക്കെ തന്നെ ആത്മബോധത്തിൽ ഒരു ജീവൻ പരമാത്മപ്രാപ്തി എന്ന് പറയും സുഹൃത്തിയിൽ ഇതിനെല്ലാം വിട്ടിട്ട് പരമാത്മപ്രാപ്തി എന്ന് പറയും എന്നാൽ ഇതിനൊരു പരിഹാരമായിട്ട് ഒരു കാര്യം ചെയ്യാം കൂടുതൽ സമയം ഉറങ്ങാം ജാഗ്രത ഒഴിവാക്കാം സ്വപ്നം നമുക്ക് ബോധപൂർവ്വം ഒഴിവാക്കാൻ പറ്റിയില്ലെന്ന് നല്ല പട്ടുന്നത്തെയൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ചൂടിലും തണുപ്പൊന്നും ഇല്ലാതെ ഹേശി മുറിക്കണമെന്ന് സദാ ഉറങ്ങുക അതുപോലെ ആത്മജ്ഞാനത്തില് എന്തുകൊണ്ട് അതുകൊണ്ട് ജാഗ്രത ജ്ഞാനം ഉണ്ടാകുന്നത് ജാഗ്രതത്തില് ഈ ബോധം ഉണ്ടാകുന്നില്ല ജാഗ്രതത്തിലാണ് ആത്മജ്ഞാനിയാകേണ്ടത് സുഹൃത്തിയില സമാധിയിലോ സ്വപ്നത്തിലോ ജാഗ്രത സംഭവിക്കണം ജാഗ്രത ശ്രവോണ മനനങ്ങൾ സംഭവിക്കണം ജാഗ്രത്തിൽ അത് സംഭവിക്കണം ജാഗ്രത ആത്മജ്ഞാനത്തിലാണ് പറയുന്നത് സുഷൃത്തിയിൽ സുഷിക്കാനാണ് അതിന് നിദർശനമായിരിക്കുന്നത് സുഷൃത്തിയിൽ നമ്മുടെ ഏകീഭവനം സംഭവിച്ചത് ജാഗ്രത്തിലെ ബോധത്തിലാണ് പറയുന്നത് അതുകൊണ്ട് ചിറോണ മനനാദി സാധനങ്ങളോ ഒന്നും ഉറങ്ങി ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ഉറങ്ങേണ്ട കാര്യമില്ല ഈ ജാഗ്രത്തിനും താൻ പരമാത്മാവ് തന്നെയാണ് ഉറങ്ങേണ്ട ആവശ്യമില്ല ഉറങ്ങി പരമാത്മാവാണ്ട് ജാഗ്രതത്തിനത് തന്നെ സ്വപ്നത്തിനത് തന്നെ എന്താ വ്യത്യാസം ജാഗ്രത ആ സാധനങ്ങൾ ജാഗ്രതത്തിലെ ഭ്രാന്തികളെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് അതാണ് അതിന്റെ കാര്യം ജാഗ്രത്തിലാണ് അതുപോലെ ഇനി ഒരാൾക്ക് സമാധി വേണമെന്നുണ്ടെങ്കിൽ പലർക്കും അങ്ങനെ അഭിപ്രായമുണ്ട് ഞാൻ സമാധി എന്നിട്ടുസാഹപ്പെടുത്തുന്ന ആളാണ് ഒരിക്കലും അങ്ങനെയല്ല ഒരാൾക്ക് സമാധി വേണമെന്നുണ്ടെങ്കിൽ ഈ ജാഗ്രതത്തിലിരുന്ന് പരിശ്രമിച്ചിട്ട് ഇനി വേറൊരവസ്ഥയിലേക്ക് പോകാം സുഷ്ട സ്വപ്നമല്ല സമാധി അങ്ങനെയൊരവസ്ഥയിലേക്ക് പോവാം അതിന് സമയവും യോഗ്യതയെല്ലാം ഉണ്ടെങ്കിൽ അത് വേണ്ടെന്നാലും പറയാം പക്ഷെ ഇവിടെ പറയുന്ന ആത്മബോധം അതിന് അതുവരെ പോകേണ്ട കാര്യമില്ല ഇവിടെ മതി ഈ ജാഗരത്തിൽ തന്നെ അത് സംഭവിക്കുന്നു ചിലത് പറയുന്നുണ്ട് മഹാത്മാക്കളെ പറയുന്നുണ്ട് അത് സമാധിയാണെന്ന് പറയുന്നു അങ്ങനെ പറയുന്നു ശബ്ദത്തിലെ വ്യത്യാസം നിങ്ങൾക്ക് ആത്മബോധം എന്ന് പറയാം അല്ലെങ്കിൽ സമാധി എന്ന് പറയാം സഹജ സമാധി എന്ന് പറയാം അവിടെ ശബ്ദങ്ങൾക്ക് വ്യത്യാസമുള്ള അർത്ഥമൊന്നുമല്ല അത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി ജാഗ്രതകൾ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് സഹജമായ ജീവന്റെ പരമാത്മപ്രാപ്തി അതിന് പരിഹാരമല്ല അതായിരുന്നുവെങ്കിൽ ഈ ജാഗ്രതത്തിലും ആ പരമാത്മപ്രാപ്തി തന്നെയാണ് അവിടെ ദുഃഖം നിർത്തി അജ്ഞാന സംശയവിവര്യങ്ങൾ മാറുന്നില്ല ബന്ധമോക്ഷങ്ങളിൽ നിന്നുള്ള മോചനം സംഭവിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു മോചനം മുക്തി അത് സംഭവിക്കുന്നു എന്ന് പറയുന്നു ആ മുക്തി ജാഗ്രതരാണ് അത് പറയുന്നത് വിദ്യുത് അനുഭവമാണെന്ന് പറയുന്നു അതുകൊണ്ട് ഇതിന് പകരമല്ല സൂക്ഷത്തിയെക്കുറിച്ച് പറയുന്നു ഉറങ്ങാൻ വേണ്ടി പറയുകയാണ് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഉറങ്ങുക അതല്ല അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ മുക്തനാകുമെന്നും പറയും പക്ഷെ അത് പരമാർത്ഥമാണോ എന്ന് മാത്രമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ശ്രവണ മനോരണങ്ങൾ ജാഗ്രത അനുഷ്ഠിച്ചു വേണം ആ പരമാർത്ഥത്തെ ജാഗ്രതൽ സ്വാനുഭവത്തിലെത്തിക്കാൻ അതുകൊണ്ട് ഇവിടെ ഇതുകൊണ്ട് സാധനങ്ങൾ നിഷേധിക്കുകയോ അത് അപ്രധാനമാണെന്ന് പറയുകയോ പക്ഷെ അത് സമ്യക്തായി അനുഷ്ഠിക്കും അതാണ് പറയുന്നത് എന്താണ് സാധന എന്നുള്ളത് എന്താണ് ശ്രോണമെന്നനങ്ങൾ എന്നുള്ളത് സമീക്കായി അറിഞ്ഞനുഷ്ഠിക്കും അതിന് ജാഗ്രത ആവശ്യമാണ് ഉറങ്ങിയാൽ അത് സാധ്യമാകത്തില്ല പക്ഷെ ജാഗ്രത അറിയണം അത് ഈ സാധനങ്ങളെല്ലാം അനുഷ്ഠിക്കുമ്പോഴും അവൻ മനസ്സിലാക്കണമെന്താണ് പരമാർത്ഥത്തിൽ താൻ സിദ്ധൻ തന്നെയാണ് സാധനയിലൂടെ പ്രാപിക്കുന്ന സിദ്ധൻ സഹജമായി അത് ഏതുപോലെ സൂക്ഷിച്ച പോലെ അവിടെ സഹജമായി താൻ സിദ്ധനായിരിക്കുന്നു അതുപോലെ ഈ ജാഗ്രതും അവിടെ എങ്ങനെയാണോ സഹജമായി ബന്ധമോചനം സിദ്ധമായത് അവരുടെ ഈ ജാഗ്രത്തിനും ആ ബന്ധമോചനം സിദ്ധമാകണം അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ലാതെ വരുന്നില്ല ശാസ്ത്രമെല്ലാം വ്യർത്ഥമായിത്തീരും എത്രശതിർശനം ഇനി സ്വപ്നത്തിന്റെ കാര്യം എത്രത്ത് സുപ്ത സ്വപ്നാൻ പശ്യതി ഉറങ്ങുന്നവൻ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് തത്ര തത് സ്വപ്നം ദർശനം ആ സ്വപ്നാനുഭവം അത് സുഖ ദുഃഖ സംയുക്ത അവിടെ സുഖ ദുഃഖങ്ങളുണ്ട് പുണ്യാപുണ്യ കാര്യം പുണ്യാപുണ്യങ്ങളുടെ ഫലമാണ് അവിടെയും സ്വപ്നത്തെ ദുഃഖം അനുഭവിച്ചാലും അത് പാപഫലമാണ് സ്വപ്നത്തിൽ സുഖം അനുഭവിച്ചാലും അത് പാപഫലമാണ് പുണ്യാപുണ്യർഹി സുഖദുഃഖ ആരംഭകത്വം പ്രസിദ്ധം എന്തുകൊണ്ട് സുഖദുഃഖങ്ങളുടെ കാരണമായിരിക്കുന്നത് പുണ്യാപുണ്യങ്ങളാണ് പുണ്യാപുണ്യം യോജിച്ച ുഖ തദ്ദർശന കാര്യാരംഭകത്വം ഉപദേവിമകർമ്മി സംസാരത്തിൽ എങ്ങനെയാണോ സംഭവിക്കാത്തത് ഏകീഭവനം അതുപോലെ സ്വപ്നത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറയണം അതുകൊണ്ട് സ്വപ്നാന്തം എന്ന് പറയുന്നത് സ്വപ്നമധ്യം എന്ന് പറഞ്ഞു സുഷുത്തി എന്തുകൊണ്ട് പുണ്യാപുണ്യോഷ്ടംഭേന പുണ്യാപുണ്യങ്ങൾ അവിദ്യാകാമകർമ്മങ്ങളോട് ചേരുമ്പ എല്ലാം കൂടെ കൂടി ചേർന്ന് സുഖദുഃഖ തദ്ദർശന കാര്യാരംഭകത്തിൽ സുഖം ദുഃഖം അതിന്റെ അനുഭവം എല്ലാം ഉണ്ടാവുന്നു അവിദ്യാകാമകർമ്മങ്ങൾ സുഷുയിലില്ല അതുകൊണ്ടെന്താണ് സുഖദുഖം അതിന്റെ അനുഭവം തുടങ്ങിയ കാര്യങ്ങളും അവിടെയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇതേ വിഷയം പ്രാധാന്യത്തിൽ നാലാം അധ്യായത്തിൽ ഭാഷകാരങ്ങളെ വിശദമായി ചർച്ചയും അവിടെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ആ പാരമാർത്ഥിക ദൃഷ്ടി പറയുന്നത് വിസുഷ് അവിദ്യാകാമ കർമ്മങ്ങൾ ഇല്ല ആ ശബ്ദം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യത്തെ ഇവിടെ പറയാം എന്താണ് അവിദ്യകാമകം അവിദ്യാകാമോപഷ്ടംഭേനൈവ അവിദ്യാകാമങ്ങളോട് കൂടിച്ചേർന്ന് സ്വദുഖത്ത ദർശനകാര്യസുഖം ദുഃഖം അതിന്റെ അനുഭവമെല്ലാം ഉണ്ടാകുന്നു ജാഗ്രത നാന്യത മറിച്ച് സുഹൃത്തിയിൽ അത് സംഭവിക്കുന്നില്ല ഈ അവിദ്യാകാമകർമ്മ ഭീ സംസാരഹേതു ഭീ ഈ സംസാരത്തിന് ഹേതുവായിരിക്കുന്ന അവിദ്യാകാമകർമ്മങ്ങൾ അതാണ് സംസാരഹേതു അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനുമേ ഉള്ളൂ സംയുക്തഏവ അതിനോട് കൂടിച്ചേർന്ന് തന്നെ സ്വപ്ന ആണ് സ്വപ്നം ഇതിൽ ഇന്നത്തെക്കും അപീതോഭൂതി അതുകൊണ്ടവിടെ അപീതി സംഭവിക്കുന്നില്ല സംസാരമോചനം അവിടെ സംഭവിക്കുന്നുണ്ട് സുഹൃത്തിൽ സംഭവിക്കുന്നത് പോലെ ജാഗ്രതും സംസാരമോചനം സമഭീതി അത് സംഭവിക്കുന്നില്ല സുഹൃത്തിൽ അത് സംഭവിച്ചിട്ടും ഈ ജാഗ്രതയിലത് വ്യർത്ഥമായല്ലോ എന്നാ അത് എന്തുകൊണ്ട് കാരണം നീ നിത്യമുക്തനായിരുന്നിട്ട് ഈ ജാഗ്രത മുഖ്യ നിനക്ക് വ്യർത്ഥമാണല്ലോ ആ മുഖ്യ നിനക്ക് പ്രയോജനപ്പെടുന്നില്ലല്ലോ അതുപോലെ സുഷുത്തിയിൽ മുക്തനായിട്ടും ആത്മാവ് നിത്യമുക്തനാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ മുക്തി കൊണ്ട് എന്താ പ്രയോജനം ഇപ്പോൾ ഈ ജാഗ്രത പ്രയോജനമില്ല ഇത് പ്രയോജനമില്ലെങ്കിൽ ഇതുപോലെയാണ് സൃഷ്ടി പക്ഷെ സുഷുതിയിൽ അങ്ങനെ എല്ലാം അവസാനിച്ചു ഒന്നുമില്ലാതെ ജീവാത്മ പരമാത്മേകത്വം മാത്രം എനിക്ക് പിന്നീട് അങ്ങനെ ഈ ജാഗ്രത വീണ്ടും വന്നു പിന്നീട് എങ്ങനെ അനുഭവപ്പെടുന്നു ഇതിനെന്താ ഹേദം അതെങ്ങനെ മനസ്സിലാകും ഇവിടെ ഈ ജാഗ്രതത്തിൽ ജീവാത്മ പരമാത്മ ഏകമായിരിക്കെ ആത്മാവ് നിത്യമുക്തമായിരിക്കെ ആത്മാവിൽ ബന്ധമോഷങ്ങളൊന്നുമില്ലാതിരിക്കെ ഈ ജാഗ്രത്തിൽ എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു ഈ ബന്ധമോക്ഷെങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ നിത്യമുക്തമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് ഇപ്പോ ഈ ബന്ധമോക്ഷങ്ങളും ഇപ്രതീതി സംഭവിക്കാമെങ്കിൽ ആത്മാവ് സുഷുതിയിൽ നിത്യമുക്തമായിരുന്നാലും അവിടെ നിന്ന് വീണ്ടും ഇതെല്ലാം സംഭവിക്കും അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല സുഷൃപ്തിയാണ് പരമാർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാരിസ്യമായ ചോദ്യങ്ങൾ അത് ആ ഏത് ചോദ്യത്തിനും സമാധാന ജാഗ്രത തന്നെയുണ്ട് അത് ജാഗ്രതത്തിലേക്ക് ചിന്തിച്ചാൽ മതി അതെല്ലാം ജാഗ്രതത്തിലും അതുപോലെ എന്നാലും ജാഗ്രത ഈ വൈദ്യുതിയും ബന്ധമോക്ഷങ്ങളെല്ലാം സംഭവിക്കുന്നു അപ്പോൾ ആ സൃഷ്ടിയെക്കുറിച്ച് നമ്മളെ ശ്രുതി ബോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടി പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ ഇതാണ് പരമാർത്ഥം നമ്മുടെ വ്യാവഹാരികമായ യുക്തികളെ ഏതെങ്കിലും തരത്തിൽ സാധൂകരിക്കാൻ വേണ്ടിയല്ല യുക്തിയുടെ നിഷേധവും സാധൂകരണവും എല്ലാം ജാഗ്രത സുഹൃത്തില്ലാതൊന്നും പ്രവർത്തിക്കുന്നില്ല സുഹൃത്തിയെ പറയുന്ന എന്താണ് അത് പരമാർത്ഥം പിന്നെ അതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ജാഗ്രത പരിഹാരം കണ്ടോണം സാധന സാധ്യം ബന്ധം മോക്ഷം ഇതിന്റെ എല്ലാ സാർത്ഥകത വ്യർത്ഥത ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും യുക്തിവിരോധം തോന്നുന്നുണ്ടെങ്കിൽ അത് ജാഗ്രതത്തിൽ അതിന് സമാധാനമുണ്ട് സുഷുതി എന്താണോ അത് പരമാർത്ഥമാണോ സ്വപ്നത്തിലും അത് സംഭവിക്കുന്നില്ല നസം അപീതോഭോതി ജാഗ്രത സംഭവിക്കുന്നില്ല ആ സുഷ്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഇക്കാര്യത്തിന് മീണ്ടും സ്രുതിയെ വിശദീകരിക്കണം പ്രധാരണ സ്രുതിയാണ്